ശിക്ഷ വേഗത്തിലാക്കാൻ അവർ നിന്നെ നിർബന്ധിക്കുന്നു എന്നാൽ അള്ളാഹുസ്ബഹാനുഭൂവ തായാല തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല നിങ്ങൾ കണക്കാക്കുന്ന ആയിരം വർഷങ്ങൾ പോലെയാണ് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഒരു ദിവസം